നിങ്ങളുടെ രഹസ്യ സംഭാഷണങ്ങൾക്കു മുമ്പ് ദാനങ്ങൾ നൽകുന്നതിൽ നിങ്ങൾ ഭയപ്പെട്ടുവോ എന്നാൽ നിങ്ങൾ അത് ചെയ്തില്ല അള്ളാഹു സുബഹാനഹുവ ചായാല നിങ്ങളോട് പുറത്തു അതിനാൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹു സുബഹാനഹുവ ചായാലുവിലും അവൻറെ ദൂതനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലിലും അനുസരിക്കുകയും ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു സുബഹാനഹുവ ചായാല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു